അവർക്കു മുൻപുള്ളവരും തന്ത്രങ്ങൾ മെനഞ്ഞിരുന്നു എന്നാൽ അള്ളാഹുസുബാനഹു വാല അവരുടെ കെട്ടിടത്തെ അതിൻറെ അടിത്തറകളിൽ നിന്ന് തകർത്തു അങ്ങനെ അവരുടെ മുകളിൽ മേൽക്കൂര വീണു അവർ അറിയാത്തയിടത്തുനിന്ന് ശിക്ഷ അവരെ തേടിയെത്തി